അവർ പറഞ്ഞു സ്വാലിഹ് അലിഹിസ്സലാം ഇതിനു മുമ്പ് താങ്കൾ ഞങ്ങളിൽ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെ ആരാധിക്കുന്നതിൽ നിന്ന് താങ്കൾ ഞങ്ങളെ വിലക്കുന്നുവോ താങ്കൾ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയത്തിലാണ് തീർച്ചയായും അത് സംശയാസ്പദമായ കാര്യമാണ്